അല്ലാഹു സുബാനഹു വറ്റാലയിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർ അവരാണ് സത്യസന്ധർ രക്തസാക്ഷികൾക്ക് അവരുടെ രക്ഷിതാവിങ്കൽ പ്രതിഫലവും പ്രകാശവുമുണ്ടായിരിക്കും എന്നാൽ സത്യനിഷേധം നടത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയും ചെയ്തവർ നരകവാസികളായിരിക്കും